പതിനൊന്ന് അനന്തരം അമോന്യനായ നാഹാഷ് പുറപ്പെട്ടുവന്ന് ഗിലയാദിലെ യാബേഷിനു നേരെ പാളയമിറങ്ങി യാബേഷ് നിവാസികളൊക്കെയും നാഹാഷിനോട് ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അമോന്യനായ നാഹാഷ് അവരോട് നിങ്ങളുടെ വലങ്കണ്ണൊക്കെയും ചൂഴന്നെടുക്കുകയും എല്ലാ ഇസ്രയേലിന്മേലും ഈ നിന്ന വരുത്തുകയും ചെയ്യും എന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു യാബേഷിലെ മൂപ്പന്മാർ അവനോട് ഞങ്ങൾ ഇസ്രയേൽ ദേശത്തെല്ലടവും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഏഴു ദിവസത്തെ ഇടതരേണം ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങിവരാമെന്ന് പറഞ്ഞു ദൂതന്മാർ ശൌലിന്റെ ഗിബയയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു ജനമെല്ലാം ഉറക്കെ കരഞ്ഞു അപ്പോൾ ഇതാ ശൌൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു ജനം കരയുന്ന സംഗതി എന്തെന്ന് ശൌൽ ചോദിച്ചു അവർ യാബേശ്വരുടെ വർത്തമാനം അവനെ അറിയിച്ചു ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു അവൻ ഒരേർ കാളയെ പിടിച്ച് കഷണം കഷ്ണമായി ഖണ്ണിച്ച് ദൂതന്മാരുടെ കൈയിൽ ഇസ്രായേൽ ദേശത്തെല്ലടവും കൊടുത്തയച്ചു ആരെങ്കിലും ശൗലിന്റെയും ശമുവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയിച്ചു അപ്പോൾ യഹോവിയുടെ ഭീതി ജനത്തിന്മേൽ വീണു അവർ ഏക മനസ്സോടെ പുറപ്പെട്ടു അവൻ ബേസക്കിൽ വെച്ച് അവരെ എണ്ണി ഇസ്രയേല് മൂന്ന് ലക്ഷവും യഹൂദ് മുപ്പതിനായിരവും ഉണ്ടായിരുന്നു വന്ന ദൂതന്മാരോടവർ നിങ്ങൾ ഗിലയാദിലെ യാബേഷ്യരോട് വെയിൽ മൂക്കുമ്പോഴേക്കെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന് പറവീൻ എന്നു പറഞ്ഞു ദൂതന്മാർ ചെന്ന് യാബേഷ്യരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു പിന്നെ യാബേഷ് നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങിവരും നിങ്ങൾക്ക് ബോധിച്ചതൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞയച്ചു പിറ്റേനാൾ ശൌൽ ജനത്തെ മൂന്നു കൂട്ടമായി വിഭാഗിച്ചു അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്നു വെയിൽ മൂക്കും വരെ അമോന്യരെ സംഹരിച്ചു ശേഷിച്ചവരോ രണ്ടുപേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി അനന്തരം ജനം ശമുവെലിനോട് ശൌൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞതാ അവരെ ഏൽപ്പിച്ചു തരണം ഞങ്ങളവരെ കൊന്നുകളയും എന്ന് പറഞ്ഞു അതിന് ശൌൽ ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത് ഇന്ന് യഹോവ ഇസ്രയേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഷമുവേൽ ജനത്തോട് വരുവീ നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജത്വം പുതുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ അവർ ഷൌലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ച് രാജാവാക്കി അവർ അവിടെ യഹോവയുടെ സന്നദ്ധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു ശൌലും ഇസ്രയേലരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു